ിൽ പറയുന്നത് ഞാൻ നീ ഒരു രാജാക്കന്മാർ ഇവരെല്ലാവരും തന്നെ ഭാവിയിൽ ഇതുപോലെ തന്നെ ഉണ്ടായി സ്ത്രീ ഒരു മതപ്രന് ശേഷം നമ്മളെല്ലാം ഉണ്ടായി ഇതുപോലെ പറയുന്നതില് ഭേദം സ്പഷ്ടമാണ് എല്ലാവർക്കും പറയാ ഭേദയോട് പറയുന്നു ഞാൻ പേര് നീ പേര് സർവരും അദ്വൈതി പറയുന്നത് ഇവിടെ ഔപാധിക ഭേദത്തിൽ പറയുന്നു ഉപാധി കൊണ്ടുള്ള ഭേദം എന്ന് വെച്ചാൽ അസത്യ ഭേദത്തെ പറയും ഇവിടെ രാമാനുജാചാര്യോട് ചോദിക്കുന്നത് ഭഗവാൻ തുടങ്ങുമെന്ന് അർജുന അസത്യം ഉപദേശിച്ചു ജ്ഞാനിയായ ഭഗവാൻ ഇതിനെയുള്ള അജ്ഞാനത്തെ ഉപദേശിച്ചു ഇതാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചെ ആരാധന അത്വീതിയിലെത്തി അതിന് വേണമെങ്കിൽ അഹ് എങ്കിലും മറുപടി പറയാം അത് ഇത് മറുപടി അതേപോലെ വേദം അസത്യമാണ് പക്ഷെ അത് അർജുനന് അറിയില്ല അർജുനൻ എന്റെ സത്യം വിവരിച്ചിരിക്കുകയാണ് അതിന്റെ സാധനങ്ങൾ അതുകൊണ്ട് ആ അർജുനന്റെ ഭേദഭ്രമങ്ങൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപദേശം അതുകൊണ്ട് ശരിക്ക ഭേദത്തെല്ലാം ഉപദേശിക്കുന്നത് ആര് പറയും അത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താണ് എന്താണ് പ്രശ്നം ആ അവിടെ നിഷേധിക്കുന്നില്ല പറയുകയാണ് നാം അങ്ങനൊരു വാക്കു വന്നില്ലെങ്കിൽ ഓക്കെ അങ്ങനൊരു കാര്യമായി പറയുന്നു പ്രീതി പറയുന്ന പോലെ ആണെങ്കിൽ ജ്ഞാനിയായ ഭഗവാൻ എല്ലാം ഏകമായി കാണുന്നു ഭഗവാൻ സംഗീത ബോധത്തോടു കൂടിയിരിക്കുന്നു ഭഗവാൻ അർജുനനോട് കള്ളം പറയുന്നു അപ്പൊ ഭഗവാൻ കള്ളം പറയുമെന്നാണ് ചോദിക്കുന്നത് മനസ്സിലായി അവിടെ എന്താ ചർച്ച ചെയ്തു എന്നുള്ളൊരു ബോധം വേണ്ട അങ്ങനെ അത് വരട്ടെ അവിടെ നമുക്ക് നോക്കാം ഇതിന്റെ കാര്യത്തിലായിട്ട് തീർപ്പാകട്ടെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഉണ്ടെന്നാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകം കൊണ്ട അർത്ഥം എന്തെന്നല്ല മനസിലായു ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ് അത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നാളെ പറഞ്ഞത് എല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യം എല്ലാം ഉണ്ട് ഇതിന്റെ തീരുമാനം ഉണ്ടാവണ്ടേ പിന്നെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുമ്പോ ഇതന്നെ പറയാൻ പറ്റും അല്ല പക്ഷെ ഓരോ ശ്ലോകവും ഭഗവാന്റെ ഉപദേശവും ഒറ്റ ശ്ലോകമല്ല ഭഗവാന്റെ ശ്ലോകം ഒറ്റ ശ്ലോകമല്ല ശരിയാണ് ഓരോ ശ്ലോകവും എന്താണ് ഭഗവാന്റെ ഉപദേശവും അതെന്താ അംഗീകരിക്കുക അത് എനിക്ക് പറയേണ്ട കാര്യമല്ലേ അത് അതവിടെ പറഞ്ഞാ പോരേ അതെങ്ങനെ പറയാൻ പറ്റും അതവിടെ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം ഇത് എല്ലായിടത്തും വരത്തില്ലേ പ്രശ്നം തുടങ്ങിയല്ലേ ഉള്ളു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ വേണം ഉണ്ടാക്കിയാണ് മുമ്പോട്ട് കോട്ടയല്ലേ ഏ ഏഹ് പറയില്ല പറയുമോന്നല്ല രാജാര്യം പറയുന്നു ഭഗവാൻ അസത്യം പറയത്തില്ല ഈ ശ്ലോകത്തിലുള്ള ഒരു ശ്ലോകത്തിലും പറയത്തില്ല ഇനി വരാൻ പോകുന്നിടത്തും ഭഗവാൻ അസത്യം പറയത്തില്ല ഭഗവാൻ സത്യമേ പറയൂ എന്താ സംശയം ഭഗവാൻ സത്യം മാത്രമേ പറയൂ ഒരിടത്തും പറയില്ല അസത്യം അപ്പോ എന്താണ് ഭ്രമം ഉപാധികമാണ് ഭേദം ഔപാധികമാണെന്നു പറഞ്ഞാൽ ഭ്രമമാണ് അത് അർജുനം മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാൻ വേണ്ടി അർജുന ഉപദേശിക്കണമെങ്കി ഈ ശ്രോകത്ത് എന്തു പറയണോ എടോ അർജുന ഈ ഭേദമെല്ലാം എന്താണ് അസത്യമാണ് സത്യം എന്താണ് ഏകമായ അത്യമായ ബ്രഹ്മതത്വം എന്ന് പറയും അതല്ല ഈ ശ്ലോകത്തിൽ പറയുന്നു നീ വേറെ ഞാൻ വേറെ രാജാക്കന്മാർ വേറെ ഇതെന്തും ഇങ്ങനെ ആയിരിക്കും എന്നാ പറയും എന്തും ഇങ്ങനെ ആയിരിക്കും വെച്ചാൽ ഭേദം സത്യമെന്നാ പറയും സംശയം എന്താ ഇവിടെ ഈ ശ്ലോകത്തിന് ഇതിന് സമാന തമ്മിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഉപദേശ സമയേ വേദ നിർദ്ദേശം അർജുനനും പരമാർത്ഥം പറഞ്ഞു അർജുനന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തുടങ്ങുന്ന സമയം തുടക്കത്തിൽ തന്നെ കള്ളം പറഞ്ഞതു മനസ്സിലാണ് പറയുന്നു മനസ്സിലാകുന്നുണ്ടാവും രാമാനുജാൻ എന്താ പറയുന്നു ശരി അമ്മ സമാധാനമാണ് എന്താണ് അതിൽ പറയുന്നത് എന്നെ മറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ് ഭഗവാൻ തത്വജ്ഞാനിയാണ് നിങ്ങൾ തരുന്ന പോലെ അത് ശരിയല്ല തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നേരത്തെ അജ്ഞാനിയായിരിക്കണം പിന്നെ ഗുരുവിന്റെ ഉപദേശം ചെയ്തിരിക്കണം പിന്നെ അജ്ഞാനി എത്തിയിരിക്കണം എൻ്റെ രീതി പറയണം ഇവിടെ തത്വജ്ഞാനം അതാണ് എന്തെങ്കിലും ബ്രഹ്മസന്ധി നീ ഭഗവാൻ അങ്ങനെയാണ് സർവവി ഭഗവാൻ ഒരിക്കലും തത്വജ്ഞാനിയാകുന്നയാളല്ല എന്നും എന്താണ് സർവം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ആ ഭഗവാന് നിങ്ങളുടെ ഈ പൊട്ട അദ്വൈതജ്ഞാനം ആരോപിച്ചിട്ട് ഭഗവാനെ തത്വജ്ഞാനിയാക്കുന്നു എങ്ങനെ ശരിയാണ് അതുകൊണ്ട് തത്വജ്ഞാനികളുടെ കൂടെ പെടുത്താൻ പറ്റത്തില്ല പിന്നെ വരുന്നത് എന്താണെന്ന് ആർക്കു വരുന്നത് എന്താണെന്ന് ഭഗവാൻ അദ്വൈതജ്ഞാനിയാണോ അതിന്റെ സംശയം ഭഗവാൻ എങ്ങനെ അദ്വൈതമാണ് അദ്വൈതി പറയും പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ബാധിതാലും ഇതാദ്വൈര്യവും ഭംഗരാജയം ജനം പറയുന്ന കാര്യം ടങ്ങനായാലും വരുമ്പലിയിലാണ് ഞായും അത്രയും മരുമ്പലി ജില്ലയിൽ ജനമാണെന്ന് കരുതി പിന്നെ അത് ജനമല്ല മരീതികളും കരുതി ഇതുപോലെയാണ് ഭഗവാന്റെ ജ്ഞാനം ഭഗവാനെല്ലാം ഏകമായ അത്വമായ ദുരഭമായി അങ്ങനെ കണ്ടിട്ടും ഈ ഭേദമെല്ലാം വരും പരീതിക ജ്ഞാനം പോലെ ഇങ്ങനെ അനുവർത്തിക്ക തത്വജ്ഞാനം ഉണ്ടായി അതുപോലെ അങ്ങനെ പറഞ്ഞാൽ എന്താ ദോഷം പറഞ്ഞത് എന്താ പറയുക കഴിഞ്ഞ ദിവസം പറഞ്ഞൊന്നുമില്ല കേട്ടില്ല ആ വ്യവഹാരം വ്യവഹാര ലോകം അതായത് മരുന്ന് രീതിയിൽ പോയി മരുന്നെ കണ്ടിട്ട് ആ ഇത് ജലമല്ലാവരും പ്രകാശമാണ് അലങ്കല്ല മീനാണെന്ന് തിരിച്ചറിയുന്നവൻ വെങ്കിലും ജലം കുടിക്കുക കുറേ ഉള്ള ഇത് ബാധ്യത അനുവർത്തിയാണെങ്കിലും പരമാത്ഥ അറിഞ്ഞ ഭഗവാൻ പിന്നെ അർജുനനെ ഇപ്പിച്ചൊരു ഉപദേശിക്കത്തില്ല അതിന്റെ ഈ മിഥ്യാജത്തിൽ ഒരു വ്യവഹാരവും സാധ്യ മരുഭൂരും ഞാനി കത്തൂത്ര അറിഞ്ഞ മരുഭൂമിയുടെ പെള്ളം കുടിക്കാൻ പോയം ചോദിച്ചോ ഒരാൾ മനസ്സിലാക്കി അവിടെ ജലമൊന്നും ഇല്ല മരുഭൂമി സഞ്ചരിക്കുന്ന ആളാണ് അതുകൂടെ ഓർക്കണം നമ്മളാരും ഇല്ല നമ്മളിപ്പോ നല്ല മഴയൊക്കെ തളുപ്പത്തിൽ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയേ കൊണ്ട് പിടിക്കലില്ല മരുഭൂമിയിൽ ഒരാൾ നാടൊന്നും കൂടി ചിരിക്കണം ഇണപ്പാണ് മരീചിയുമാണ് അയാൾക്ക് മനസ്സിലായി എന്താണ് ഇതുവരും ഒരു തോന്നലാണ് ഇവിടെ വെള്ളമില്ലാന്ന് മനസ്സിലാക്കി അപ്പൊ അയാൾ എന്താണോ അയാൾക്ക് സത്യത്ത് ബുദ്ധിയൊന്നും ഇല്ല എന്തായാലും എന്തായാലും നേരത്തെ കുളിച്ച് പോവേലേ അവിടെ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച കൂടെ എന്നാ ചോദിക്കുന്നത് പിന്നെ അത് അവിടെ ഒരു തരത്തിലും വ്യവഹാരം സംഭവിക്കില്ല അയാളവിടെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണോ ഏ അതൊക്കെ അസത്യത്വ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് അതിന് മൃഗയാന്ന് പേര് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ് മാനം അതിനു നേരെ ഓടിപ്പോകുന്നു വെള്ളം കുടിക്കാൻ പോകുന്നു വെള്ളം കിട്ടാതെത്തു പോകും അവിടുത്തെ വ്യവഹാരമെന്ന് പറയുന്ന അതാണ് ബാക്കിയെല്ലാം എന്താണ് തത്വ വിഹാരം ചെയ്യുന്നതല്ല വ്യവഹാരം ശരിയായ ണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം മരുമരീചികളിലെ എന്താണ് വ്യവഹാരം എന്ന് പറയുന്നത് പശ്വാശേഷം ഒരു തത്വജ്ഞാനിയായാലും ഒരു മാനായാലും വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് ഓടിപ്പോയി വെള്ളം കുടിക്കുന്നത് മനസിലായോ ഏ അതെ സത്യതൃപ്തി ഇല്ലെങ്കിൽ പിന്ന വ്യവഹാരം അതിന് ഒരു വ്യവഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് നടക്കത്തില്ല മരുമരുവെ സംബന്ധിച്ച് ഒരു വ്യവഹാരമില്ല കാരണം അവിടുത്തെ വ്യവഹാരം എന്ന് പറഞ്ഞതാണ് ജലം കണ്ടു കഴിഞ്ഞാൽ മരുഭൂമി സതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എനിക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകും മരുഭൂമിസൻ സഞ്ചരിക്കുമ്പോഴേ അത് മനസ്സിലാകത്ത രാജസ്ഥാനിൽ പോയിട്ടുണ്ടാവും അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോഴേ ഇതുപോലെ ദാഹിക്കും അപ്പൊ അവിടേക്ക് ചെന്നെങ്കിൽ മനസ്സിലാവും അവിടെ പിന്നെ എന്താണ് ദാഹിക്കുന്നവനെ സംബന്ധിച്ച് ഒരു വ്യവഹാരവും എന്താണ് വെള്ളം കുടിക്കുക അവരുടെ കാര്യം പറയുക അല്ല അവിടെ ഇരുന്ന് ഒന്ന് ശിഷ്യന്മാരോട് ചരിപ്പിച്ച് തത്വം പറയുക അല്ലെങ്കിൽ കല്യാണ വ്യവഹാരം പറയുക ആ സന്ദർഭത്തെ നമ്മൾ മനസ്സിലാവും അത്ര ഒരു വ്യവഹാരം സംഭവിച്ചത്തില്ല അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരം അവിടെ ഒന്നേ ഉള്ളൂ ആ വ്യക്തിയിൽ വ്യവഹാരങ്ങളില്ലെന്നുള്ള പറയുന്നത് ആ ശരിയായിട്ട് ആ ദൃഷ്ടാന്തത്തെ മനസിലാക്കി തന്നെ പറയും ശരിവെള്ളമില്ലെന്നായാലും നല്ല ബോധ്യം വന്നു ചിന്തിക്കാൻ പാടേന്നും കൂടെ പറയുന്നില്ലല്ലോ ഏ അതെല്ലാം പറയാനുണ്ടോ അതല്ലല്ലോ വ്യവഹാരമെന്ന് പറഞ്ഞാ ഉദ്ദേശിക്കും വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് വ്യവഹാരം എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചു അതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഇനി മുമ്പോട്ട് ചർച്ച ചെയ്യുമ്പോഴേക്ക് ശരിക്കും അത് മനസ്സിലാകത്ത എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് അർജുനനെ ആശ്രയിച്ചിട്ടുള്ള ഒരു വ്യവഹാരം നടക്കില്ല അതിനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് വ്യവഹാരം നടക്കില്ല അർജുനനെ സംബന്ധിച്ച് ഒരു വ്യവഹാരമില്ല നടക്കത്തില്ല വ്യവഹാരം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് അർത്ഥവും ഇവിടത്തെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചം എല്ലാം അസ്വസ്ഥകൊണ്ട് ബോധിച്ചതിന് ശേഷം ഭഗവാനെന്തെയ്യുന്നു അർജുനന്റെ തത്വം ഉപദേശിക്കും ഇത് നടക്കുന്ന കാര്യമാണ് ഭഗവാനെന്നല്ല ഒരു തത്വം ഞാനിരിക്കും ഒരു ഗുരുവിനൊന്നും നടക്കുന്ന കാര്യമില്ലെന്നാ നമ്മള് സമൃദ്ധിക്കും മുൻപോട്ട് വരാൻ പോകുന്ന കാര്യം കൂടെ മനസ്സിലാക്കുമ്പോഴേ അത് വ്യക്തമാകുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അങ്ങനെ ഒരു സംശയമുണ്ട് ഞാനത് പറയണോ പറയണ്ടേ പറയണോ പറയണ്ടേന്ന് ആലോചിച്ചു സാധനം പറയാമെന്ന് തന്നെ തീരുമാനിച്ചു കോഴിക്കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു വളർത്താൻ പിടിച്ചാലും കീയോക്കിക്കോ കൊല്ലാൻ പിടിച്ചാലും കീയോക്കിക്കോ അതാണ് നിങ്ങളുടെ അവസ്ഥ മനസിലായ പറഞ്ഞു അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു നോക്ക തുടക്കത്തിൽ ഇത്രയും വേളം വെച്ചാൽ മുമ്പോട്ട് ഇന്ന് തന്നെ മുമ്പോട്ട് മണ്ടാതെ നാക്ക് വന്നത്തില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പൊ ആരാവും ഇതും ഒരു അദ്ധൈനികളായിരുന്നു ഇനിയിപ്പോ നമ്മൾ പോയി പിന്നെ ആരാവും അങ്ങനെ ഒരു പ്രശ്നം ചോദിക്കുന്നോണ്ട് തന്നെ എനിക്കിതൊക്കെ കുറെ അവസരം കിട്ടുന്നുണ്ടാവും ചോദിക്കുന്നു ചോദ്യം ചോദിക്കാതെ ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും ചോദിക്കുന്നു അതൊക്കെ ശരിയായിക്കോട്ടെ അതൊക്കെ സമ്മതിച്ചു അതിനു അതിനൊന്നും എനിക്ക് അഭിപ്രായ അത്യാവശ്യമില്ല എന്നാലും ഇത് എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാവും ഒരു വർഷമില്ലെങ്കിൽ നല്ലത് എല്ലാർക്കും ഇപ്പം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റൂ ചോദിച്ചു എന്നാണ് മോശം തന്നെ അല്ല ഞാൻ ചോദിച്ചു ജോലി എന്നാലും ചർച്ച വരും ഉത്തരവും അതിനനുസരിച്ച് പറയണ്ടേ അതെന്റെ ജോലി തന്നെ അവിടെയല്ലേ പ്രശ്നം പാതി അനുമതി എന്ന് പറയുന്നത് അത് ചെയ്യുന്നു എന്താ പിന്നെ അതും കഴിയും പിന്നെ ഏറ്റവും ഗുരുതരമായ ഒരു അപകടം കൂടെ പറഞ്ഞത് ക്ഷസ്ത ഇതാനീന്ദനം ഒരു പരമ്പരീയത്മസ്വരും നിശ്ചയിച്ച അനുവർത്തമാനെ വേദജ്ഞാനേ സുനിശയാന രൂപം അധ്വനീയം ഇതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്ത് ആർക്കാ ഉപദേശിക്കുന്നു എന്താണ് താനല്ലാതെ അന്യമായി ഒന്നുമില്ല ഇത് ആർക്കുപദേശിക്കും പോലീസ് കാണില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെയും ഈ മഠ പരമ്പര പരാന്ന കുക്ഷും പരമ്പര മറ്റുള്ളവര് ദക്ഷിണ വായിച്ച് ഭക്ഷണം കഴിച്ച് കുടവണ്ണിയായിട്ടിരിക്കുന്ന ഈ സ്വാമിമാരെല്ലാം എന്തെയും പാട്ടിന് കളഞ്ഞ ചത്തോ ഇതാണ് സംഭവിക്കാൻ ഇത് തന്നെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ജക്ഷ്യന്മാരെല്ലാം ഉപദേശിക്കണം ജക്ഷ്യന്മാരെ കിട്ടിയാൽ എന്തുണ്ടാവും ദക്ഷിണ കിട്ടും ദക്ഷിണ കിട്ടിയാലും എന്ത് ചെയ്യും വയറും നിറയും ഈ ബിസിനസ് തന്നെ അദ്വൈത വ്യാപാരം തന്നെ എന്തു ചെയ്യും കൂട്ടിപ്പോകും അദ്വൈത വ്യാപാരം വലിയ വ്യാപാരമാണ് നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ നല്ല വയസ്സുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയാൽ നല്ല ബിസിനസ്സാണ് അദ്വീത വ്യാപാരം ഇത് ഈ അതാണ് ഇവിടെ പറഞ്ഞത് എന്താണോ മഠപതി പരമ്പരാ ശിഷ്യാന്നുക്ഷിംബലേ ശിഷ്യ അഭാവ പ്രായോപേശനും ഇവിടെ ദേശികർക്ക് യാതൊരു ദൈവമാണ് പിന്നെ എനിക്ക് ദൈവം വിചാരിക്കാൻ പറ്റില്ല എന്നാ ഇദ്ദേഹത്തിന് ഒരു ദൈവമില്ല പിന്നെയാണ് അവിടെ പ്രചോദ്യങ്ങൾ ചോദിച്ചത് എന്താ നിങ്ങൾ മോശക്കാരാണോ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അറിയാതെ പറയുകയാണ് സംശയിച്ചു പറയുകയാണ് മറ്റുള്ളവരെ പറ്റിക്കാൻ പറയുകയാണോ ആരെങ്കിലും പറഞ്ഞ് കേട്ടു പറയുകയാണോ അതോ ചെറിയ കുട്ടികളെ പോലെ ഭ്രാന്തന്മാരെ പോലെ നിങ്ങളാണോ ആൾക്കാരോട് സംസാരിക്കും അങ്ങനെ സംസാരിക്കണം അവസാനം ഇതിന്റെ അവസാനം പറയും എന്താണോ ഈ അദ്വൈതികൾ ഇങ്ങനെ ഈ അദ്വൈതം ആർക്കെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ ഇവർ വെറും വട്ടന്മാരാണ് മനസിലായ എന്തോ അദ്ദേഹങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടില്ല എന്തോ ഒരു ചെറിയ പേശ് തോന്നിട്ടില്ല അതാണ് അദ്ദേഹം ഡോക്ടർമാരാണ് അതെ അതെ ആരുമില്ലാ സംസാരിക്കുന്നു വോട്ടന്മാർ മുമ്പിനായി എന്താണ് ഈ അദ്വുതെന്ന് പറയുമ്പോഴെങ്കിൽ ഞാൻ ഇങ്ങനെ വട്ടന്റെ കാര്യമൊക്കെ പറയും പലരും എന്നോട് ചോദിച്ചിട്ട് വട്ടിന്റെ കാര്യം പറയും അദ്വുതം എന്ന് വരുന്നെങ്കിൽ വട്ടന്മാർക്ക് പറയാൻ പറ്റും എല്ലാവരൊക്കെ പറയാൻ പറ്റും കാരണം എല്ലാ നേരങ്ങളും എന്നിട്ട് ഉപദേശിച്ചു എന്നിത് ഇങ്ങോട്ട് ജനമെന്ന വ്യക്തമായിട്ട് കസ്മയി ശ്രദ്ധിച്ച് മനസ്സിലാവും ഇതൊരു പഴയ ശൈലിയാണ് ഇങ്ങനെ ഒരു ചോദ്യത്തെ പിരിച്ചു പിരിച്ച് പിരിച്ച് പിരിച്ചു പിടിച്ച് പലതാകും നിങ്ങളുടെ ശുസ്തുചീതി കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ തുടങ്ങുന്ന ആ ഇത് ന്യായാമി അദ്വൈതത്തെ ധരിക്കാൻ വേണ്ടി ആയിരിക്കും പ്രശ്നം അത് നിരന്തര ശൈലിയാണ് ഇതിന് മറുപടി മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് അദ്വൈത സിദ്ധിയായി അവിടെ നിരന്തര ഇതേ ചെയ്തിൽ തന്നെയാണ് മറുപടി പറയുന്നത് അനേക വികല്പങ്ങൾ പക്ഷാന്തരങ്ങൾ വീർത്തം വെച്ച പക്ഷാന്തരങ്ങൾ പല പല പക്ഷങ്ങൾ കാണിച്ചിട്ട് ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ നോക്കുന്ന സമയമാണ് എന്റെ ശരിക്കും അതിന്റെ വിശകലനം ചെയ്യണം ആ ചോദ്യങ്ങളെ വിശകലനം ചെയ്ത് അതിന്റെ ഒരു ഉത്തരം നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞു അത്ര എളുപ്പകാര്യം ആർക്കുപദേശിക്കുന്നു സ്വസ്ഥയും പരസ്യമാ തന്നോടുപദേശിക്കുന്നു അന്യനും ഉപദേശിക്കുന്നു എന്താ തന്നോടുപദേശിക്കുന്നു അന്യനുപദേശിക്കുന്നു അന്യനോടല്ലേ ഉപദേശിക്കുന്നു പിന്നെ എന്താ അവൻ്റെ ഒരു ചോദ്യം വന്നത് താൻ മാത്രമേ ഉള്ളൂ ഉപദേശിക്കുന്ന എന്താണ് തന്നോടൊന്ന് ഉപദേശിച്ചു അങ്ങനെ ഞാൻ സാറിന് ഈ അദ്വീതികളൊക്കെ പറയുന്നു ശിഷ്യനോട് പറയുന്ന എന്താണ് നീ എന്നിൽ നിന്നും വേറെയല്ല ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്നാലും ഞാൻ എന്തു ചെയ്യുന്നു നിന്നോട് ഉപദേശിച്ചിരുന്നു നമ്മളൊന്നാണ് ഒരു ഭേദമില്ല ഇതേ ശിഷ്യൻ വീടുമോ എന്ത് വലിയ കാര്യം പറയുന്നില്ലായിരുന്നു എന്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നീ പറയുന്നവർ പട്ടാണ് വിനോദ കാര്യമുണ്ട് ചോദിക്കുന്നു സ്വസ്മയും പരസ്യമീ പറയുക എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് തന്നോടാണോ ഉദ്ദേശിക്കുന്നത് എൻജിനോടാണോ പൂർവോത്ര നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്നത് പ്രസ്തകത്തിൽ നിന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ പുസ്തകത്തിലൂടെ നോക്കുന്ന പുസ്തകമുള്ളവർ പൂർവോത്ര ഭിന്നതയ നിശ്ചിതമായ അന്യഥാഗം പൂർവ്വത്ര അന്ന് വിശ്വസം വരിക ആ പക്ഷത്തെ തന്നോട് എന്ന ഉപദേശിച്ചു അപ്പൊ തന്നെ തന്നെ വേറെ കൽപ്പിച്ചോണ്ട് ഇതും അത് ചെയ്യുമ്പോൾ സാധാരണ പറയുന്നത് ആണ് വേറെ അങ്ങനെ വേറെ എന്നിട്ടും ചെയ്യുന്നു തന്നെ തന്നെ മറ്റൊരു കൽപ്പിച്ചോളു അതാണ് ഇതൊക്കെ നിങ്ങൾ മതപ്രഭാഷത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊന്നും ഇതേപോലെ ഭിന്നതയാ നിശ്ചിത ആ ഇവൻ അവൻ തന്നെയാണെങ്കിലും അവൻ വേറെയാണെന്ന് കൽപ്പിച്ചു അങ്ങനെയാണോ അതോ അന്യതാണ് ഇവരുടെ അന്യനാണെന്നുള്ള ഒരു ഉറപ്പിലല്ല വെറുതെ ഭിന്നമായി വെറും ഭാവി ഉറപ്പില്ല ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ഉറപ്പിച്ച് അന്യനായി അങ്ങനെയാണോ പിന്നെ അടുത്തത് അസ്വസ്മയെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ചോദ്യം പരസ്മയെത്തിയിട്ടില്ല തന്നോടാണോ ഉപദേശിക്കുന്നത് യോഗ്യമാണ് അദ്വയനായിരിക്കും തന്നോടാണോ അപ്പോ തന്റെ ഭിന്നനായി കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ പറയുന്നു പിന്നീതത്രയാവി സത്യതയാൽ നിർമ്മിയില്ല അന്യനെ സത്യമായി ഉപദേശിക്കാണ് അസത്യമാണെങ്കിൽ ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അസത്യമായി ഒന്നേ ഉള്ളൂ പക്ഷെ ഇത് ഭഗവാനെ അർജുനെടുക്കുക ഭഗവാൻ അർജുനനെ ഭിന്നമായി കണ്ട് അർജുനൻ സത്യമാണെന്ന് പറഞ്ഞാണോ ഉപദേശിക്കുന്നത് അസ്വസ്ഥതയോ അതോ അർജുനൻ അസത്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത് കേൾക്കുന്നു അദ്വൈതികൾ എന്ത് ചെയ്യുന്നു എല്ലാം അസത്യമായി കാണുന്നു എന്നിട്ടും എന്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അങ്ങനെയാണ് അദ്വൈതിക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റും ആമിസത്യം ബാക്കിയെല്ലാം അസത്യം അപ്പൊ സ്വസ്മയം എന്നുള്ള സംബന്ധിച്ച് ഇത്രയും ചോദ്യങ്ങളായി ഇനി പരസ്മയ അങ്ങനെ പരസ്മയത്യത്രാവി താത്വികായ അതാത്വികായ ഭഗവാനെ സംബന്ധിച്ച് അർജുനൻ ഉപദേശിക്കണം അപ്പൊ അർജുനായോ കരൻ പരൻ താത്വികനാണോ അതാത്വികനാണോ പരനെ സംബന്ധിച്ചാണ് നേരത്തെ തന്നെ സംബന്ധിച്ചെല്ലാ ചോദ്യങ്ങളും തന്റെ തന്റെ എന്ന കല്പനകളെ ആശ്രയിച്ചാണ് നേരത്തെ ചോദ്യം വന്നത് അപ്പൊ താൻ പരൻ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി പരനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് തത്വമാണോ അതത്വമാണ് യഥാർത്ഥം സത്യം പരമാർത്ഥം അത് ചോദിക്കുകയാണ് ഉത്തരവ് വന്നില്ലല്ലോ ചോദ്യമായ ഉത്തരം എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ ചോദ്യം ഇത്രയേ ഉള്ളൂ എന്താണ് പരൻ എന്ന് പറയുന്നത് പരൻ സത്യമാണോ അസത്യമാണോ അത് തന്നെ സംബന്ധിച്ച് പരനെ സംബന്ധിച്ച് ഇവിടെ രണ്ടു വർഷം ഒക്കെ തന്നെ താണ തന്നെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു താൻ തന്നോടാണോ ഉപദേശിക്കുന്നത് സ്വസ്മയിൽ ഉപദേശിക്കുന്നു എന്ന് ചോദിക്കുന്നു തന്നോട് ഉപദേശിക്കുമ്പം ഉപദേശിക്കുന്ന ആണ് തന്നെ ഭിന്നമായി കണ്ടിട്ടാണോ ഉപദേശിക്കുന്നത് വേറെ ആരും ഇല്ല അത് അതും അഭിന്നമായിട്ടാണ് ഭിന്നമായി കാണുകയാണെങ്കിൽ തന്നെ അർജുനനെന്തായി താൻ തന്നെയാണ് അർജുനൻ ഭിന്നമായിട്ടുള്ളത് അത് സത്യമാണോ അതെ അസത്യമാണോ ഇനി ഇവിടെ താൻ തന്നോടല്ലോ ഉപദേശിക്കുന്നു പരനോടാണ് ഉപദേശിക്കുന്നതെങ്കിൽ അത് അദ്വൈതിക്ക് പറയുമല്ലോ ഇതൊക്കെ ഉണ്ടല്ലോ വ്യാവഹാരിക സത്യം ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികളുണ്ട് ഇതൊക്കെ വച്ചിട്ട് കണക്കി പറയാൻ എന്താണ് വ്യാവഹാരികമായ സത്യമാണ് നിങ്ങൾ പ്രഭാഷണത്തിലൊക്കെ പ്രയോഗിക്കുന്നതാണ് താത്വിക അസാത്വികായ പരണം എന്ന് പറയുമ്പോൾ പല അർജുനൻ സത്യം എന്നു പറഞ്ഞാൽ അസത്യം തന്നെയാണ് അധാത്മികഅീ തഥാ പ്രതീയ അല്ലേ അപ്പോ അർജുനൻ അസത്യം തന്നെ പക്ഷെ അസത്യമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അസത്യമായി പ്രതീതമാകാമെന്ന് വെച്ചാൽ മരുമരീജിയത് മരുമരിചയോ അസത്യമായി പ്രതീതമാണ് അങ്ങനെയാണ് അതോ അങ്ങനെ ഒരു പ്രതീതി ഇല്ലാതെ ഉപദേശിക്കുന്നത് പറയുന്നത് ചോദ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചിന്തില്ല ഉത്തരങ്ങളൂടെ കേൾക്കുമ്പോൾ നമുക്ക് ചോദ്യം കൂടുതൽ സ്പഷ്ടമാണ് കല്പിയ ഇങ്ങനെ ഗുരു ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നു എന്ന് പറയുന്നിടത്ത് അദ്വൈത അംഗീകരിച്ചുകൊണ്ട് ഈ പക്ഷങ്ങളെല്ലാം ചോദിച്ചിട്ട് ഇതിനെല്ലാം ഉത്തരം പറയണം ആ ഈ ചോദ്യം ചോദിക്കുന്നതിനോട് ഇതിലെല്ലാം ഉള്ള ഉത്തരം പറയണം ഞാൻ കേട്ട ഭക്ഷണം കൊടുക്കാം സ്വസ്മൈ ഭിന്നതയാ എന്നുള്ള ഭക്ഷണം അതിനക പക്ഷെ ഭിന്നനായ തത്ര സ്വസ്യ ഭിന്നസ്യും ഭിന്നു അവിടെ ചോദിക്കുന്നു അത് സത്യമാണോ തന്നെ ഭിന്നൻ സത്യം സത്യത്വം നിശ്ചയി ഏകമായ പരബ്രഹ്മമാണ അങ്ങനെ ഇരിക്കുകയെ താൻ തന്നെ എന്ത് ചെയ്യുന്നു അന്യം താൻ തന്നെയാണ് വേറെ ആരും താൻ തന്നെയായിരിക്കുന്ന അന്യൻ സത്യമാണെങ്കിൽ എന്തൊരു അപസിദ്ധാന്തമര സിദ്ധാന്തത്തിന് വിരോധം കാരണം അന്യനായാൽ തന്നെ താൻ തന്നെയെന്ന് പറയാൻ പറ്റും അംഗീകരിക്കും അഭേദത്തിൽ അന്യനെന്ന് പറയാൻ പറ്റും അന്യൻ സത്യം എന്ന് പറയാൻ പറ്റും അപസിദ്ധാന്തമാണ് പിന്നെ എന്താണ് ഭേദത്തെ അംഗീകരിച്ചാൽ ഈ പറയുന്ന ആൾ അജ്ഞനാണ് അജ്ഞാനിയാണ് ഭേദത്തെ അംഗീകരിക്കുന്നത് ജ്ഞാൻ ഭേദത്തെ അംഗീകരിക്കുക രണ്ടു ദോഷങ്ങൾ അപ്പൊ സിദ്ധാന്തം അജ്ഞാനം അപ്പം താൻ തന്റെ തന്നെ തന്നും ഭിന്നനായ ഒരുവനെന്നൊക്കെ പറയുന്നെങ്കിൽ എങ്ങനെ ശരിയാവും അതും അവൻ സത്യമാണെന്ന് പറഞ്ഞാൽ താൻ തന്നെ ഭിന്നനാകുക അത് സത്യമായില്ലെങ്കിൽ അദ്വൈതത്തിന് അതുകൊണ്ട് അവസാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പറയില്ല അതൊക്കെ കൃത്യം പറഞ്ഞു പറയാൻ പോകണമെന്നുണ്ടല്ലാതെ ബോധമുള്ള ഇതൊക്കെ പറയാൻ പറ്റും പറയാൻ പറ്റില്ല സുസ്ഥിത ഭിന്നസ്സും സത്യത്തിൽ നിശ്ചയ അവ സിദ്ധാന്തം പറഞ്ഞു പറയുക ദേശിക എത്ര സൂക്ഷ്മമായിട്ടാണ് ആ ഒരു വിഷയത്തെ അപഗ്രഥിക്കുന്നത് നമ്മൾ എത്രയോ തോന്നണം എത്ര കൊല്ലമായി നോക്കിയിട്ട് അത്രയും പത്തിരുപത് കൊല്ലം ഇതുവരെ ആരുടെങ്കിലും തലയിലേക്കും ഒരു ചോദ്യം വന്നിട്ടുണ്ടോ വരില്ല നിങ്ങൾ ഇതുപോലെയുള്ള ശാസ്ത്രങ്ങൾ പഠിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അദ്വൈസി പഠിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ വരും അല്ലാത്തവർക്കും ഒരിക്കലും ഈ ചോദ്യം വരത്തില്ല അതുകൊണ്ട അദ്വൈതകളെല്ലാം പിടിച്ചെങ്കിൽ ഫീൽഡില് കാരണം ഇവരെടുത്ത് വന്ന അദ്വൈതം കേൾക്കുന്ന ആരാണെന്ന് ലോക വിവരദോഷിയാണ് ഈ വിഷയത്തെ കുറിച്ച് അവന് യാതൊരു ധാരണയില്ല അവനൊരു മജിഷ്യം ഉപയോഗിക്കും പോലെ ഇരുന്നുകൊണ്ടൊക്കെയാണ് അവനങ്ങനെ മയക്കത്തിലാണ് എന്തോ വലിയ കാര്യം പറയുന്നത് ലോകരഹസ്യം പറയണമെന്നൊക്കെയാണ് വിചാരിച്ചത് അങ്ങനെയാണ് അവന്റെ മനസ്സി ാലോ അദ്ദേഹം പറഞ്ഞിട്ട് അത് വട്ടാണെന്ന് പറഞ്ഞാൽ പ്രയാസം ഒരു ഒന്നും ഉണ്ടെന്നില്ല അപ്പൊ പ്രയാസമുണ്ടെന്നാണ് എന്റെ ആവശ്യം ഏത് ഇതുവരെ ഒരു സിദ്ധാന്തമില്ലേ അദ്വൈതത്തിൽ എന്തൊക്കെ സ്വീകരിച്ചു കളഞ്ഞു ഏ ഞങ്ങൾ ഓരോ സിദ്ധാന്തങ്ങളിൽ നിന്നും ആവശ്യമുള്ള സ്വീകരിക്കും ബാക്കിയുള്ള കളയൂ അങ്ങനെ ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇരുപത് വർഷം കൊണ്ട് കളഞ്ഞു പറയാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പോ ഇതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് തുടക്കത്തിൽ പലതാണ് പറഞ്ഞിട്ടുള്ള എന്താണോ അദ്വൈതി അങ്ങനെ പറയും ഇഷ്ട അധ്വൈ ഇങ്ങനെ പറയും നമുക്ക് ആശയക്കുറിപ്പുണ്ടാകില്ല ഇത്രയും വിശദമായ അധ്യാസം ഉണ്ടാവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം സിദ്ധാന്തമുണ്ടോ തകർന്നു പോകുന്നു അത് തന്നെ നമ്മള് സിദ്ധാന്തമായിട്ട് അദ്വൈതത്തെ സ്വീകരിച്ചാൽ ഭീഷ്ടാദ്വീതിയിൽ നിന്ന് അതിനെ കൊത്തി എരിഞ്ഞു കാട്ടിക്കും ഭീഷ്ടാദ്വീതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതയെന്ന് തന്നെയാണ് അർത്ഥം മുടിച്ച നാശമാണ് അപ്പം പിന്നെ നിങ്ങളുടെ സിദ്ധാന്തം അതങ്ങനെയാണ് ഇതിന്റെ ഉത്തരം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തർക്കം ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ പറയാം ഒന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിദ്ധാന്തവും നിങ്ങൾക്ക് തർക്കത്തിലൂടെ സമർത്ഥിക്കാൻ പറ്റും സമർത്ഥിക്കായതുവരെ മറ്റൊരാളൊന്നും തർക്കിക്കുന്നതുവരെ എത്രയൊക്കെ ഭാഷ വഴിയാൽ എത്രയൊക്കെ പൂർവക്ഷത്തെ ഓരോ സിദ്ധാന്തവും തന്നെ നിങ്ങളേതെങ്കിലും രണ്ടു മൂന്ന് വാദഗ്രന്ഥങ്ങളൊക്കെ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ നിന്നും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം ഏത് സിദ്ധാന്തവും അദ്വൈതമോ അദ്വൈതമോ വിശേഷാദ്വൈതമോ ഇതെല്ലാം എന്താണ് മനുഷ്യരുടെ കുട്ടിക്ക് അവരുടെ പ്രത്യുത്പന്ന മതിത്വം പോലെയുള്ള ചില വിശേഷങ്ങൾ കൊണ്ട് സ്ഥാപിച്ചെടുക്കുന്ന ഈ സിദ്ധാന്തങ്ങളെല്ലാം സിദ്ധാന്തമായ ബുദ്ധിയുള്ള വേറെ തമിതി അങ്ങനെ കണ്ടിരിക്കും ഒരു സംശയം അങ്ങനെ ഖണ്ടിച്ചു കഴിയുമ്പോ ഒരാളെ സംബന്ധിച്ച് അത് എന്ത് സ്വീകരിക്കുന്നു നിങ്ങൾക്കൊരു സിദ്ധാന്തത്തെ സ്വീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങൾക്ക് ഏതിലാണോ വിശ്വാസം വരുന്നു അവിടെ നിങ്ങളുടെ എന്താണ് ബുദ്ധി എന്താ പ്രവർത്തിക്കുന്നു പിന്നെ എന്താണ് നിങ്ങളുടെ ശ്രദ്ധയെടുത്തോ നിങ്ങൾക്ക് ഏതിലാണോ വിശ്വാസം വരുന്നത് അത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് വിശ്വാസി വിശ്വസിക്കുന്നങ്ങൾ സ്വീകരിക്കും ഏതായാലും ഒന്നിനെ വിശ്വസിക്കുന്നത് സ്വീകരിക്കും സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചതാണ് അപ്പോ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണോ ഇഷ്ടം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളത് വിശ്വസിക്കും ഏതാണോ വിശ്വസിക്കുന്നത് നിങ്ങൾ അത് കൊണ്ടുനടക്കും ഏ ഇഷ്ടത്തിൻ്റെ കാരണം വളരെ സ്പഷ്ടമാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ജീ വേറെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല നിങ്ങളുടെ ജീനാണ് അത്തരം ഒരിഷ്ടത്തെ ഉണ്ടാകുന്നത് അത് നിങ്ങളുടെ നിന്ന് വരുന്ന ചോദന നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം ഒരാൾ ഹിന്ദുവായും ക്രിസ്ത്യാനിയായും മുസ്ലിമായും ഒക്കെ ഇരിക്കുന്ന എന്തുകൊണ്ടൊരാൾക്കും അത്വൈര്യം ഇഷ്ടാത്വരിയ അവരവരുടെ ഇഷ്ടം ഓരോന്നിനും ഇതൊന്നും അല്ലാതിരിക്കുന്നതിനാണ് ഒരാൾ ഒരാളെ ഇരിക്കുന്നത് സിദ്ധാന്തങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് ഒന്ന് നമ്മുടെ വിശ്വാസം പിന്നെ ആത്യന്തികമേ നമ്മുടെ ഇത് മനസ്സിവെച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ അപ്പം നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് കേൾക്കുക മനസ്സിലാക്കുക വൃത്തി ഒന്ന് വർക്ക് ചെയ്യുക ബുദ്ധി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഗുണമാണ് ബുദ്ധി പ്രവർത്തിക്കുന്നതും ഒരുപാട് ഗുണമാണ് ഇത് ഇവിടെ മാത്രമല്ല പലയിടത്തും വന്നുപയോഗം അങ്ങനെയൊരു ഗുണമാണ് എന്നിട്ട് പിന്നെ നമ്മുടെ ഈശോധം അത് നമ്മൾ സ്വീകരിക്കുക അത് വിശ്വസിക്കുക ഇഷ്ടത്തിനനുസരിച്ച് സിദ്ധാന്തത്തെ ആണോ അതിനെ പറ്റും നമുക്ക് വേറെ ചെയ്യാം നമുക്ക് പല പക്ഷങ്ങളുണ്ട് അതിപ്പോ എന്താ നിങ്ങടെ ബി ജെ പി ആയിരിക്കുന്നു കോൺഗ്രസ് ആയിരിക്കുന്നു മറ്റേതായിരുന്നു അതുപോലെ ഇതും ഒരു പക്ഷം സ്വീകരിച്ചാറുണ്ട് ഏ തീർച്ചയായിട്ടും പണ്ടെന്തെങ്കിലും ഇഷ്ടം എന്നാലും നമ്മൾ ഇഷ്ടം ഇഷ്ടമുള്ളതിനോട് ചേർന്നേ മറ്റേ നേരം നമ്മൾ കങ്ങളടക്കും നമ്മൾ ഇഷ്ടമുള്ളതിനെന്തെങ്കിലും പോരായ്മ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും നമുക്കിഷ്ടമാണെങ്കിൽ ആ പോരായ്മകൾ കണ്ടില്ലായ്മ അതൊക്കെ മനുഷ്യന്റെ ചില നല്ലതോ മോശമോ ആയ പ്രവണതകളാണ് മനുഷ്യ ജീവിതം തന്നെ അങ്ങനെയാവും എല്ലാവരുടെയും ജീവിതം അങ്ങനെയൊക്കെയാണ് മുമ്പേ വളരെ മുമ്പേ തന്നെ പറയുന്നുള്ളൂ ഞാൻ എന്തുകൊണ്ടിങ്ങനെ ഇതായിരുന്നു എനിക്കിഷ്ടം വേറൊരു സമാനം എനിക്ക് പറയാം എന്റെ ഇഷ്ടം ഇതായിരുന്നു എന്തായാലും ഇഷ്ടമില്ലാതെ ചാടിപ്പോയതല്ല അപ്പം മനുഷ്യർക്കും അതൊക്കെ ഓരോ ഇഷ്ടം ഉണ്ടാവും അപ്പോ ഈ ഒരുപാട് സിദ്ധാന്തങ്ങൾ എന്താ വരുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് നിങ്ങൾ എന്താണ് ഒരുപാട് വെറൈറ്റിയുള്ള തൊഴിക്കടക്കയം പോലെ നമുക്ക് ഇഷ്ടമുള്ള സാരിയോടെ നിന്ന് എടുക്കാം അതാണ് എനിക്കൊരു ഗുണം ഇഷ്ടമുള്ളത് ചിലർ കൺഫ്യൂഷനായി അവസാനം പിന്നെ അവരാവുന്ന പോകുന്നവരും ജീവിക്കവരാ പോയിട്ടില്ല അതിലൊക്കെ അതിനെയും പറ്റാറോ ഒന്നിലും ഇല്ലാതെ ആരും ഉണ്ട് മനസ്സാണ് ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് മരിച്ചിരുന്ന മനസ്സ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു ധാരണ കൂടി വേണം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇത്രയും കാലം ആത്മീയത പറഞ്ഞു ഇപ്പം ഈ ഗാമിക്ക് എന്താ വട്ടായ ഞങ്ങളെ കൂടെ വട്ട പിടിക്കില്ല എന്തിനായി ഇതിങ്ങനെ പറയുന്നത് എന്നു എന്റെ അടിസ്ഥാനത്തിലുമായി മനസ്സിലാക്കി യും ഇതിങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മള് ഇനി പാര ഉപദേശികളുടെ കാര്യം എന്തൊക്കെയായാലും എന്താണ് പണ്ട്സ് മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവര് ഒരു പ്രധാനമായ കാരണമാണ് ഇഷ്ടത അവച്ചതൊക്കെ ജ്ഞാനം ഇത്രയേ ഉള്ളൂ ഇതം മതിഷ്ടസാധ ഏതെന്തിനോടാണോ അവന് ഇഷ്ടം തോന്നുന്നത് അവനാവഴിക്കാൻ പോകുന്നു പഴയ മീമാംസകൾ എന്താണെന്നുള്ളത് അവർ പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ് ഈ ഇഷ്ടതാപച്ചത കഴിക്കാണോ പഴയ തരത്തിൽ ഒരു കണ്ടപ്പിക്കും നമ്മൾ അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഇഷ്ടമാണ് അത് സത്യമോ അസത്യമോ അതിനൊന്നും അതൊന്നും പ്രശ്നം അതിനെ കുറിച്ചൊന്നും നമ്മളധികം പേജാറാവാ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇഷ്ടത വെച്ചത് ജ്ഞാനം രണ്ടായിരം കൊല്ലം മുമ്പ് ജയി സബരസ്വാമി പറഞ്ഞു മനുഷ്യന്റെ മനസ്സാമി നോക്കുക അതുപോലെ തന്നെയാണ് അപ്പൊ നമുക്കിതിന്റെ വേവല അധിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ അംഗീകുമാണ് പറയുന്നതെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന മതപ്രഭാഷണം ഇനി മറ്റെന്തെങ്കിലുമാണ് പറയുന്നതെങ്കിലും തന്ത്രമോ മന്ത്രമോ എന്ത് ഒന്നാം കണ്ടായോ അടിസ്ഥാനപരമായി അറിവുകൾ വെച്ചു എന്ന് വേണം പറയാം ഈ പറയുന്നതിന് എന്താണ് എന്റെ വിശ്വാസവും എന്റെ ഇഷ്ടമാണ് അതിനെപ്പം അതിനകത്ത് വരുന്ന കാര്യ അപ്പോ അതിനെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു സിദ്ധാന്തവും ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഒരു നിർബന്ധമുണ്ട് എന്നുവെച്ചാൽ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആവുമ്പോൾ ഒരു നിയമമുണ്ട് അങ്ങനെ നമ്മളൊന്ന് കണ്ടെത്തിയാൽ തന്നെ ഇല്ല അത് മാറിപ്പോഴും നമ്മളുടെ സിദ്ധാന്ത ഭ്രാന്തി എന്ന് പറയുന്നത് നമ്മൾ ജാതിയിൽ എന്താണ് നമ്മൾ സത്യം കണ്ടെത്തി യാഥാർത്ഥ്യം കണ്ടെത്തി എന്നുള്ളത് ഇവിടെ അദ്ദേഹം പറയുന്നത് പോലെ അതൊരു വട്ട് മാത്രം ഈ നാളിൽ വേറൊരാൾ വേറെ യാഥാർത്ഥ്യത്തെ കണ്ടെത്തുന്നതുവരെയുള്ളൂ നമ്മുടെ യാഥാർത്ഥ്യം കൊണ്ട് ആയിസ് അങ്ങനെയൊക്കെ ചില അടിസ്ഥാന അപ്പോൾ എന്താണ് പറയുന്നത് സ്വസ്മി ഭിന്നസ് തെമിച്ചേ കാന്തന് ഭിന്നനായും ഭഗവാൻ അർജ്ജുനം കണ്ടുകൊണ്ടും സത്യമായും കൊണ്ടുകൊണ്ടാണെങ്കിലും എന്ത് മനസ്സിലാക്കണം അപ്പം സിദ്ധാന്തമാണ് അറിയുന്നത് വിരുദ്ധമാണെന്ന് പറയുന്നത് ഒരാൾക്കും എന്താണോ നമ്മുടെ ഭേദത്തെ അജ്ഞ അജ്ഞനുമാണ് അസത്യത്തിന് നിശ്ചയം വന്ധ്യാഗ്രഹം അനുപദേശിച്ച സ്നീ ഭഗവാൻ ഇതും നമ്മൾ മതപ്രഭാഷത്തിൽ ധാരാളം കേൾക്കുന്ന സർവവും എന്താണ് ബ്രഹ്മമായി തന്നതാണ് കണ്ടിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ബ്രഹ്മവഴികളുടെയെല്ലാം അസത്യം നാമരൂപങ്ങളെല്ലാം അസത്യം അർജുനൻ മുമ്പേയിരിക്കുന്ന ഒരു നാമരൂപമാണ് അസത്യമാണ് ുള്ള അർജുന ഉപദേശിക്കുന്നു വന്നുകഴിഞ്ഞാൽ ഇതാണ് ഭഗവാൻ അർജുനനെ കെട്ടിയില്ലെങ്കിൽ അധ്യാപകത്തനും ഉപദേശിക്കും മുയൽക്കൊമ്പിനും ഉപദേശിച്ചു ആകാശഭസ്മത്തിനും ഉപദേശിക്കുന്നു ഞാനൊക്കെ ജീവനുണ്ടെങ്കിൽ അസത്യത്തിനുപദേശം ഉപദേശിക്കുന്നുണ്ട് അനീകൾക്ക് ഉപദേശിച്ചു വലിയ ദോഷമുണ്ട് ഇനിയതല്ല ഇനി അങ്ങനെയുള്ള ലാസ്റ്റ് പ്രയോഗം എന്താണ് അഭിന്നതയാശ്ചിതമായ സ്വസ്മൈ ഭഗവാന്റെ ഒത്തിരി അർജുന ഇരിക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ അർജുന്റീന എങ്ങനെ കാണുന്നു അഭിന്നമായി അല്ല അന്യമല്ലാതെ ഇങ്ങനെയൊക്കെ എനിക്ക് അറിയണ പാടുന്നു അഭിന്നമായി കാണുന്ന അർജുൻ കൂടി ജീസ എന്ന് പറയാൻ പോലെ ഒരു ശിഷ്യൻ എങ്ങനെ വേണമെന്നോ അഭിന്നമാക്കാം എന്തുകൊണ്ടെന്ന ഒരു ശിഷ്യുന്ന ഒരേ ഒരു തത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞെനിക്ക് ഉറപ്പാണ് കടപ്രഭാഷണൊന്ന് നടത്താറുണ്ടല്ലോ അല്ലേ ഇതെന്ത് അബദ്ധമാണെന്ന് അറിയാമോ അറിയാം നീതായിപ്പോ അറിയാൻ പോവുകയാണ് അഭിന്നതയാശ്ചിത സബ്സ്ക്ലെയിൻ ചെയ്ത് അർജുനാദിപ്രതിഭാസമന്ത്രേണ സർവതാ ഉപദേശുവിന്റെ സിസ്റ്റോഭാഗ പറ്റാതെ എന്താ പറ്റുന്നത് അഭിന്നതയാ നിശ്ചിതായ സ്വസ്ഥൻ അഭിന്നമായി കാണുന്ന തന്നോട് എന്നെ ഉപദേശിക്കുന്നു മീറ്റ ഗുരു എന്ത് ചെയ്യുന്നു അഭിന്നമായി കാണുന്നു സർവോത്തിരി അഭിന്നമായി കാണുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക ആൾക്കാർ ജസ്റ്റ് ഫോർ എ ഫോറ അങ്ങനെ സങ്കല്പിക്കുന്നുണ്ട് ഞാനാണത് എന്റെ ഉമ്മ നിങ്ങളെല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളെ കാണുമ്പോൾ എന്നോട് അഭിന്നമായി കണ്ടിട്ട് ഉപദേശിച്ചു ഇപ്പം നിങ്ങളോട് നിങ്ങളെ പോയി കേട്ട് മടുത്തു ഞാൻ ഉപദേശിച്ചോണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ പുസ്തകം ഇരിക്കുന്നു മൊബൈലിരിക്കുന്നു മേസി ഇരിക്കുന്നു എല്ലാത്തിനും ഞാൻ എന്തായി കാണുന്നു എല്ലാം അഭിന്നമായിട്ടുണ്ട് എന്റെ ഉപദേശം ഇരിക്കുന്നു നിർത്താൻ പറ്റില്ല ഞാൻ എപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തത്ത് മസി തത്ത് മസി തസിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഇപ്പൊ കണ്ടുകൊണ്ട് ഉപദേശിക്കുന്നു പറഞ്ഞാൽ എന്തുവരും ഇത് അവസാനം എവിടെ കൊണ്ടുവരേണ്ടി വരും തിരുവനന്തപുരത്ത് വീട്ടിൽ മൂളം ഭാഗം വരുന്ന അവിടെ കൊണ്ടുപോയി ഒന്ന് അവസാനം ഇല്ല പറയും മനസ്സിലായല്ലോ പറയാനൊന്നും മനസ്സിലാവുന്നുണ്ടോ ഒന്നും പറ്റുന്നില്ല പ്രതികരണമൊന്നും ഇല്ല യു ആർ ലക്കി ഏ ആ Hmm. Hmm. Hmm. Hmm. Ah. No the പ്രോബ്ലം problem is not that Arjuna is he himself. നോസ് അർജുന ഈസ് is myself. so he is giving you badesha to arjuna means he cannot give up desha to anyone because all are one with him how can you restrict it to one person that is not possible avva paraynadu enthaalo അഭിന്നമായി അറിയുന്ന തന്നോട് തന്നെയാണ് താൻ തന്നെയാണ് അർജുനൻ അപ്പൊ ഇവിടെ ചോദ്യം വരുന്നതാണ് അർജുനൻ മാത്രമേ താനായിട്ടുള്ളൂ എല്ലാവരും താനല്ലേ താൻ സത്യത്തെ അറിയുന്നയാളല്ലേ എല്ലാവരും അജ്ഞാനത്തിൽ നിന്ന് എല്ലാവർക്കും മോക്ഷം കൊടുക്കണ്ടേ താനല്ലാ നേരം ഇവിടെ എന്താ ഉള്ളത് എല്ലാവരും ഉപദേശിക്കും എല്ലാരും ഉപദേശിക്കാനൊന്നുമില്ല എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും കുടുംബത്തോ ഭയങ്കര അല്ലാതെ അർജുനൻ ചോദിച്ചും അതുകൊണ്ട് ഉപദേശിക്കുക എന്നുള്ള പ്രശ്നമില്ല അത് നമ്മുടെ തുടക്കത്തില്ല അർജുനൻ ചോദിക്കുന്നു ഭഗവാൻ ഉപദേശിക്കും ഇവിടെ പ്രശ്നം ഇത് ഭഗവാൻ ഉപദേശിക്കാൻ ബാധ്യസ്ഥനായിരിക്കും എന്തുകൊണ്ട് ഭഗവാൻ പരമ കാർത്തികനാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരുടെയും ഈ സംസാരം സാധാരണ കരുതയറ്റു താൻ തന്നെയാണ് എല്ലാവരും അപ്പൊ അർജുനന് മാത്രം ഉപദേശിച്ചു എല്ലാവരെയും ഉപദേശിച്ചു അഭിന്നതയാശ്വസേ അർജുനായി പ്രതിഭാസമന്ത്രി അർജുനൻ ഇല്ല ഇനി ആരൊന്നും തന്നെ ഇല്ല ചിന്തിച്ചു ഉപദേശിച്ചേ പറ്റി ങ്ങനെ ഉണ്ടല്ലോ ഏ അത് അങ്ങോട്ട് വരയ്ക്കുന്നു ഇഷ്ടാദ്വൈത്തി എത്തിയില്ലല്ലോ ഇപ്പോഴേ വേണം വെക്കില്ല അദ്വൈതത്തിന്റെ കഥ കഴിച്ചിട്ട് നമുക്ക് വിശുദ്ധാദ്വൈതത്തേക്ക് പോകാം ഇഷ്ടാദ് അത്ര തിട്ടത്തിൽ അങ്ങ് ഇഷ്ടാദ്ധത്തിൽ എത്താൻ പറ്റില്ല ഇത് കുറച്ചുകൂടെ വളരാനുണ്ട് പ്രയോജനമസ് പരസ്മൈ കാർത്തിക ഭവാമഗത്തി അതുമാത്രമല്ല ഇനി അർജുനൻ ഉപദേശിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എന്താണ് അഭിന്നനായി കാണുന്ന അർജുനനോട് ഉപദേശിക്കുന്നു എന്നത് ഞാൻ അർജുനനെ ഉപദേശിച്ചിട്ട് പ്രയോജനമില്ല ഇന്നത്തെ അഭിന്നതയാശ്ചിത ഇന്നത്തെ കാര്യമില്ല എന്തുകൊണ്ട് അർജുന തസ്മൈ താത്വികായി ടു ശരീര ഭേദ ഭഗവാൻ അഭിവഗ്രിച്ച് പരൻ അന്യൻ എന്ന സത്യം ഈ കാര്യം ഈ നോക്കുക പരസ്മൈ താപിക ഭഗവാന് ഭഗവാൻ പറയുന്നത് ഞാൻ പക്ഷേ പരമാത്മാ ഈ പറയുന്നതിന്റെ വൈരുദ്ധ്യം നോക്കും അദ്വൈതയെ സംബന്ധിച്ച് അന്യൻ എന്താണോ പരമാർത്ഥം എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ട് പരനാണെങ്കിൽ അതിന് എന്താ തത്വമല്ല അപ്പോ പരസ്യം താത്വിക ശരീരഭേദയിൽ ശരീരഭേദം തന്നെ നിങ്ങൾ എന്താണോ ഭഗവാൻ അഭ്യോഗിച്ചു നിങ്ങളെ സ്വീകരിക്കുന്നു പരന്നൊരിക്കലും എന്താണോ ശരീരഭേദ സ്വീകരിച്ചാൽ പോലും ശരീരഭേദ സ്വീകരിച്ചാൽ പോലും പരംതാത്യമാകുന്നുണ്ട് അർജുനനും ഭഗവാനും ഒരേ ഒരു ആത്മാവാണ് പിന്നെങ്ങനെ ഉപദേശിച്ചു നമ്മൾ പറയുന്നത് അർജുനൻ ഉപദേശിക്കുന്നു എന്നാണ് അർജുനൻ വാസ്തവത്തിൽ തത്വത്തിൽ വേറെ തത്വത്തിൽ വേറെയല്ലാത്ത ഒരു അർജുനൻ ശരീരഭേദം കൊണ്ട് എങ്ങനെ ഉപദേശിച്ചു അപ്പൊ ശരീരത്തിനാണ് ഉപദേശിക്കുന്നത് എന്റെ ശരീരം പേര് ആ ശരീരം പേര് രണ്ടു ഒരു തത്വമാണ് ഉപദേശിക്കുന്ന ആരും ശരീരത്തിന് ഉദ്ദേശിച്ചു എന്തായി പറയും അപ്പോ അത് അങ്ങനെയല്ല അദ്വൈവിക്കാനും മറുപടി ഉണ്ട് നമ്മുടെ മനസ്സിലും വരുന്നു മണിയും എന്താണ് ആ താത്വികതയുണ്ട് തത്വമല്ലാതെ പ്രതീതമാകുന്ന നിസാരണം പറയുന്നു ഗുരുതൽ ശിശിനിങ്ങനെ പ്രതീതമാകുകയാണ് അങ്ങനെ അതാത്വികതയാ തത്വത്തിലൊന്നു തന്നെ പക്ഷെ ഭിന്നമായി പ്രതീതമാകുന്ന ശിഷി അദ്വരിയുടെ സ്ഥിര നമ്പരുകളാണ് കേട്ടിട്ടുണ്ടാവും ഗുരു ശിശിനൊക്കെ ഒന്നു തന്നെ എന്നാലും ഭിന്നമായി ഒരു തോന്നല്ല എന്റെ ഉമ്മേന്നു എൻ്റെ നിന്നും പിന്നെ ആണെന്ന് തോന്നുന്നുണ്ടെന്ന് ഉപദേശിച്ചു വെറുതെ ഒരു ടൈം പാസ് ഒരു തോന്നുന്നു ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ ശരിയാവും എന്താ സങ്കടപ്പെട്ടിരിക്കുന്ന പ്രയാസം ചെയ്യും പ്രയാസം പറഞ്ഞ മായി പ്രതീതമാണ് അധ്യാത്മികമാണ് പറ്റുന്നതിന്റെ ഒരു പ്രതീ അതേ അ സ്ഥിരം നമ്പരാണ് ഈ പ്രതീ എമാണ്യുന്നു കുറോദേവ അനോമജനിത്വേന അസത്വേനു വാമിച്ച ദൃ പ്രതിബിംബ്യാസുദാദ്യോപദേശി പ്രതി പ്രതീ പ്രതീതി എന്ന് പറയുന്ന രണ്ട് തരത്തിൽ വരാം അദ്ദേഹത്തെ നമ്മൾ പറയുന്നത് ഒന്നെന്താണ് അനുവചനീയം മരുമരീചികൾ മറ്റൊന്നെന്താണ് സഞ്ചാസം മുയൽക്കൊമ്പ് ആകാശവാസം ഈ രണ്ട് തരത്തിലാണ് പ്രതീതി ഈ രണ്ട് തരത്തിലായനശ് മരുമരീചികയായനശേഷം മരുമരീചിക്ക പോലെ കാണുക ശിഷ്യന് അർജുനന്റെ ഭഗവാൻ അതായത് ഇനി ആകാശകുഷമം പോലെ വേണമെന്ന് എന്തായാലും ശരി എന്നാണ് ഉപദേശം നടത്തത്തില്ല അതിനോടൊന്ന് ഉപദേശിച്ച ഒരു കാര്യം കേവലം പ്രതീതിയോട് ഉപദേശിക്കുവാനായി സ്വന്തം നിഴലിനോടായിരുന്നു ഇതൊക്കെ ഉപദേശിച്ച് നടക്കുന്ന പറയുന്നു കുറുവദേവ അനുവചനീയത്വനും അസത്വേനുമാണ് അനുവചനീയമായി നല്ല അസത്വമായി അത് നിശ്ചിതമാണ് ഉറപ്പാണ് ഗുരുവിനൊരു സംശയമില്ല എന്താണ് ദേവിനൊരു പ്രതീതിയാണ് അത് എനിക്കത് നല്ല ഉറപ്പാണെന്നാണ് തോന്നുന്നത് നിങ്ങളെല്ലാവരും എന്താണ് ഒരു പ്രതീതിയാണ് നിങ്ങളെല്ലാം അനിർവചനീയമാണ് നിങ്ങളെല്ലാം ആകാശ വിഷമമാണ് എന്നിട്ട് ഞാനിവിടെ ഇതൊന്ന് ഉപദേശിക്കുന്നു ആകാശ വിഷമത്തോടാണ് ഇവിടെ ഉപദേശിക്കുന്നു എന്തായി അത്രയും പറയുന്നതെന്ന് നിങ്ങൾ ഇന്നോട് തിരിച്ചിരുന്നു അപ്പൊ ഉപദേശിക്കുന്നു എന്ന് പറയില്ല ഒരു ദോഷം ഒരു ഉപദേശപ്രസംഗം എന്ന് വെച്ച് എന്താണ് അനുവോചനീയമായ വസ്തുക്കളോട് നിങ്ങളുടെ രജവിൽ സർപ്പത്തെ കണ്ടാലും അത് അനുവചനീയമാണ് ശുക്തിയിൽ രജത്തെ കണ്ടാലോചനീയമാണ് അനോചനീയമായ എന്ത് കണ്ടാലും നിങ്ങളെന്തെയും ഉപദേശം സർപ്പം പേടിക്കും എന്താ ഉപദേശിക്കുന്നു ാത്വികസേവകലസ്യ താത്വികത്വബോധേ തേദത്വമേവനസ്യ ഏറ്റവും വലിയ തമാശ ഇപ്പൊ പറഞ്ഞെന്താണ് ഇത് കാണുന്നതല്ല ഒരു പ്രതീതി മാത്രമാണ് നിങ്ങളെല്ലാം എന്റെ മുമ്പിൽ എന്നീ നിങ്ങളിൽ നിങ്ങളെല്ലാരവും പ്രതീതിയാണ് പ്രതീതികളെല്ലാവരും ഇനി ഉപദേശിക്കാൻ പറ്റില്ല എന്ത് ഉപദേശിക്കുന്നു ആ പ്രതീതിയാണെങ്കിൽ നിങ്ങൾ തത്വമാണെന്ന് അറിഞ്ഞു ഉപദേശിക്കും അതാണ് കുറെ അധിക താത്വികരസ്യ താത്വികത്വബോധ എന്താണ് പറെല്ലാം ഒരു പ്രതീതിയാണ് പക്ഷെ നിങ്ങളെയൊക്കെ തത്വമായി അറിയുന്നു എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് തത്വബോധമില്ലെന്നാണ് എൻ്റെ അർത്ഥം എന്തോ പ്രതീതിയെ തത്വമായി ഞാൻ കരുതുന്നു പ്രതീതിയെ തത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് തത്വബോധം ഉണ്ടാവും പ്രതീതികളെല്ലാം തത്വമായി കണ്ടു കഴിഞ്ഞാൽ അതായത് എന്തുവരും വരും മരീചി കണ്ടിട്ട് അത് സത്യമാണെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തെ അറിയുന്നവനാണ് രജുവിലെ സർപ്പത്തെ കണ്ടിട്ട് സത്യമാണെന്ന് ഞാൻ സത്യത്തെ അറിയുന്നവനാണ് എന്റെ മുമ്പിൽ കാണുന്ന ഇതെല്ലാം പ്രതീതിയാണ് ഇതിനെ തത്വമായി കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തത്വബോധം ഇല്ലെന്നാണ് എന്റെ എന്ന് പറഞ്ഞു വേറെ അപ്പൊ ഈ പ്രതീതിക്ക് ഉപദേശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നവും പ്രതീതിയൊക്കെ തത്വമായി കണ്ട് ഉപദേശിക്കുന്നു പറഞ്ഞാൽ അത് അതിലും ഗുരുതരമായ പ്രശ്നം ഇതുകൂടി തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താ എത്ര എണ്ണമായിട്ടുകൊണ്ട് ജീവിച്ചു എന്നെ പോലെ ഇതെന്താണെന്ന് പറഞ്ഞാൽ വിശദമാക്കാൻ പറ്റും ആരുടെ അത് വേദാന്ത ദേശീയനോട് പറയും അല്ലാ ഭക്തന്മാരുടെ പറഞ്ഞപ്പോലെ വിവരമുള്ളവരോട് പറയും പറ്റൂ പറയും ഏ പുസ്തകത്തിൽ കൊണ്ടാണ് അത് മതി ഇവിടുത്തെ ചോദ്യത്തിന് സമാനം പ്രതീതിയോട് ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രതീതി ഒന്നെങ്കിൽ അസത്തായിരിക്കും അത് അനൗപചനീയമായി അത് ശരിയോ എന്റെ പ്രതീകിയെ തന്നെ പക്ഷേ തത്വമായി അറിയത്തി ഞാൻ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതീതിയ തത്വമായി അറിയുന്നവർ തത്വബോധമില്ല രണ്ടും പരസ്പര വിരുദ്ധമായ നിങ്ങളിത് അങ്ങോട്ട് ചീതിയാക്കാനും നോക്കണ്ട വേണ്ട ഇതങ്ങനെ ശരിയാകുന്ന കേസുമ്പോൾ ഇത് വേദാന്ത ദേശീയനംഗീകരിക്കില്ല ഞാനാരാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏറ്റുപറയോ പരോക്ത അനുഭവം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറഞ്ഞത് ഞാൻ ഏറ്റു പറഞ്ഞു എന്റെ അംഗീകാരത്തിലോ അംഗീകാരത്തിൻ്റെ അദ്ദേഹത്തിനും ഇവിടെ ഓരോ കാരണം കഴിഞ്ഞ നൂറ് വർഷം കഴിഞ്ഞ് വാചസ് ഉണ്ടായി ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് രമാനുജാചാര്യുണ്ടാവുന്നത് അപ്പോൾ അദ്വൈതത്തിൽ പല ആൾക്കാരും ഉണ്ടായിരുന്നു പ്രകാശാത്മയതി വിവരണാചാര്യൻ അതേയൊക്കെ ആ കാലഘട്ടത്തിലാണ് ഖണ്ഡനഖണ്ഡകാരൻ കാലത്തിൽ ഒന്നാണ് അതായത് കഴിഞ്ഞൊരു പതിമൂന്നാം നൂറ്റാണ്ടിന് വരുമ്പോഴാണ് ആര് വരുന്നത് ഇദ്ദേഹം വേദാന്ത ദേശീയം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊന്നും ഇദ്ദേഹം കേട്ടു പാമതി എന്ന് മതിയല്ല എല്ലാം കേട്ട് എല്ലാം മനസ്സിലാക്കിയതിനു വളരെ പ്രതിഭാശാലിയായ ഒരാളായിരുന്നു ചെറിയ ആളാണ് പണ്ടത്തെ കുണ്ട ഭാഗ്യത്തെ കണ്ണിച്ചുകൊണ്ട് ഗ്രഹവരിയാണ് അത്ര പ്രതിഭാശാലിയായ ഒരാൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം പറയുമ്പോ നമുക്ക് എളുപ്പത്തിൽ മറുപടി വരാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നതിന് ചെറുക്കും അപ്പൊ ഞാൻ സമ്മതിക്കാത്ത കാര്യമില്ല അല്ലാതെ ഇത്രയേക്കും നടന്നു ചിന്തിക്കാൻ പറ്റും അതാണ് പറഞ്ഞത് ഒരുപക്ഷെ ആ കാലഘട്ടം അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ഉണ്ടായിരുന്ന കാലമാണ് മുസ്ലിം ആക്കുന്നത് ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ദക്ഷിണേന്ത്യയിൽ വന്നിരുന്ന കാലമാണ് ശാന്തമായ ഒരു കാലം ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ശ്രീരംഗത്തിനാണ് കാഞ്ചിമുരക്ക് ജനങ്ങി തിരുപ്പതി പോയി സമാധി വായിക്കിയതാണ് അങ്ങോട്ട് ഓടിപ്പോയതാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനും കൂടെ റെഡിയായി അതിനും വളരെ സംഭാവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത്രയും പ്രഗത്ഭനായ ഒരു ജീനീസ് അപ്പൊ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്കങ്ങനെ നിസ്സാരമായി തള്ളാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം